ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്ന പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകൻ ആയിരുന്നു അവന് ഷൗൽ എന്ന പേരോടെ യൗവനോ കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു ഇസ്രയേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു കീശ് തന്റെ മകനായ ശൗലിനോട് നീ ഒരു ഭൃത്യനെയും കഴുതകളെ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അവൻ യഫ്രൈം മലനാട്ടിലും കൂടി സഞ്ചരിച്ചു അവയെ കണ്ടില്ല അവർ സഞ്ചരിച്ചു അവിടെയും ഇല്ലായിരുന്നു അവൻ ബെന്യാമീൻ ദേശത്തും കൂടി സഞ്ചരിച്ചു എങ്കിലും കണ്ടുകിട്ടിയില്ല സൂഫ് ദേശത്ത് എത്തിയപ്പോൾ കൂടെയുള്ള ഭൃത്യനോട് നമുക്ക് മടങ്ങി പോകാവാം അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞറിഞ്ഞു അതിനവൻ അവൻ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട് അവൻ മാന്യനാകുന്നു അവൻ പറയുന്നതെല്ലാം ഒത്തു വരുന്നു നമുക്കവിടെ പോകാവാം നാം പോകുവാനുള്ള വഴിയേരി അവൻ പക്ഷെ പറഞ്ഞു തരും വരും എന്നവനോട് ഭൃത്യനോട് നാം പോകുന്നുവെങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നുപോയല്ലോ ദൈവപുരുഷനെ കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ നമുക്ക് എന്ന് ചോദിച്ചു ഭൃത്യൻ ശൗലിനോട് എന്റെ കൈയിൽ കാൽശേഖയിൽ വെള്ളിയുണ്ട് ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്നുത്തരം പറഞ്ഞു പണ്ട് ഇസ്രയേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ വരുവിൻ നാം ദർശകന്റെ അടുക്കൽ പോകാ എന്ന് പറയും ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു ശൌൽഭൃത്യനോട് നല്ലത് വരിക നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചുവന്ന പട്ടണത്തിലേക്ക് പോയി അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറിച്ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരുത്തികളെ കണ്ട് അവരോട് ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ അവരോട് ഉണ്ട് അതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലുവിൻ ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗമുള്ളതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങളവനെ കാണണം അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കയില്ല അതിന്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കയുള്ളൂ വേഗം ചെല്ലുവി ഇപ്പോൾ അവനെ കാണാം എന്നു തരം പറഞ്ഞു അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു പട്ടണത്തിൽ കടന്നപ്പോൾ ഇത ശമുവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നിരുന്നു എന്നാൽ ഷൌൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ഷമുവേലിന് നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും എന്റെ ജനമായ ഇസ്രയേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യേണ്ട അവൻ എന്റെ ജനത്തെ ഫിലിസ്റ്റീറുടെ കൈയിൽ നിന്ന് രക്ഷിക്കും എന്റെ ജനത്തിന്റെ നിലവിളിയിൽ എന്റെ അടുക്കൽകൾ എത്തിയിരിക്ക ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളിച്ചിരുന്നിരുന്നു ഷമുവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട് ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാകാം ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാൻ എന്ന് കൽപ്പിച്ചു അന്നേരം പടിവാദുക്കൽ വേലിന്റെ അടുക്കൽ എത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ശമുവേൽ ഷൗലിനോട് ദർശകൻ ഞാൻ തന്നെ എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവേൽവി നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം നാളെ ഞാൻ നിന്നെ യാത്രയക്കാം നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം മൂന്ന് ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നാൽ ഇസ്രയേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ നിന്റെ മേലും നിന്റെ സർവ പ്രദർഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു അതിന് ശൗല്യ ഞാൻ ഇസ്രയേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ ഷമുവേൽ ശൌലിനെയും അവന്റെ പൃഥ്വിനെയും കൂട്ടി വിരുന്നശാലയിൽ കൊണ്ടുചെന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം മുപ്പതുപേർ ഉണ്ടായിരുന്നു ശമുവേൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു വെപ്പുകാരൻ ും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശൌലിന്റെ മുമ്പിൽ വെച്ചു നിനക്കായി സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് ഇതാ തിന്നുകൊള്ളുക ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിനുവേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഷമുവേൽ പറഞ്ഞു അങ്ങനെ ശൌൽ അന്ന് ഷമുവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങിവന്ന ശേഷം അവൻ വീട്ടിന്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു അവർ അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു ശമുവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു എഴുന്നേൽക്ക ഞാൻ നിന്നെ യാത്രയക്കാം എന്ന് പറഞ്ഞു ശൗലെഴുന്നേറ്റു അവർ രണ്ടുപേരും അവനും ശമുവേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടുവിട്ടു പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമുവേൽ ശൌലിനോട് ഭൃത്യൻ മുമ്പേ കടന്നുപോകുവാൻ പറവ അവൻ കടന്നുപോയി ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു